നമ്മുടെ നിശ്ചിത സമയത്തേക്ക് മൂസ അലിഹിസലാം തൻറെ ജനതയിൽ നിന്ന് എഴുപത് പേരെ തെരഞ്ഞെടുത്തു ഭൂമികുലുക്കം അവരെ പിടികൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ നിനക്കിച്ഛിച്ചിരുന്നെങ്കിൽ മുൻപേ അവരെയും എന്നെയും നശിപ്പിക്കാമായിരുന്നു ഞങ്ങളിലെ വിഡ്ഢികൾ ചെയ്ത കാര്യത്തിന്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ ഇത് നിന്റെ ഒരു പരീക്ഷണമാകുന്നു അതിലൂടെ നീ ഉദ്ദേശിക്കുന്നവരെ നീ വഴിപിഴപ്പിക്കുകയും ഉദ്ദേശിക്കുന്നവരെ നീ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതിനാൽ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്യണമേ നീയാകട്ടെ പുറത്തു തരുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു